േ സതോ പ്രകൾ മഹാമോഹമസ് ഗന്ധവ്യാപ്തമാണ് നീലരൂപം ഗന്ധമില്ലെങ്കിൽ നീലരൂപവും കാണില്ല എന്ന് പൂർവക്ഷി പറഞ്ഞു സിദ്ധാന്തം എന്ന് പറയുന്നത് അത് ശരിയല്ല ഗന്ധവ്യാപ്തമാണ് അനുഷ്ഠാസീത സ്പർശം പക്ഷേ ഗന്ധം ഇല്ലെങ്കിലും അനുഷ്ഠാസീത സ്പർശമുണ്ട് അതുപോലെ നീലരൂപത്തെ കൂടെ സ്വീകരിക്കേണ്ടത് പ്രതീതിരേവ നീലരൂപസ്യ ഗന്ധാഭാവെ അഭിപ്രേത്തോ എന്ന് സിദ്ധാന്തി പറയുന്നു പിന്നിന് അനുഷ്ഠാസീത സ്പർശം ഇവിടെ പറയാൻ പറ്റില്ല കാരണം ഗന്ധാഭാവെ അനുഷ്ഠാസീത ഗന്ധത്തിൻ്റെ വ്യാപ്യമായിരിക്കുന്നത് പാകജ അനുഷ്ഠാസീത സ്പർശമാണ് ഗന്ധമില്ലെങ്കിലും ആ പാകജമായ അനുഷ്ഠാസീത സ്പർശമാണ് അത് വേറെയാണ് സാധനം അപ്പോ ഗന്ധത്തിന്റെ വ്യാപ്യമേതോ അത് ഗന്ധമില്ലെങ്കി കാണില്ല എന്നാണ് പറയുന്നത് മനസിലായോ പാകജ അനുഷ്ഠാസീതസ്പർശം വേറെ അനുഷ്ഠാസീത സ്പർശം വേറെ ഗന്ധത്തിന്റെ വ്യാപ്യമേതോ അത് ഗന്ധമില്ലെങ്കി കാണില്ല ഗന്ധത്തിന്റെ വ്യാപ്യമാണ് പാകജ അനുഷ്ഠാസീതസ്പർശം ഗന്ധമില്ലെങ്കി അതില്ല രുന്നു അങ്ങനെയാണെങ്കിൽ നീലരൂപത്തി അങ്ങനെ എടുക്കും ഗന്ധത്തിന്റെ വ്യാപ്യമാണ് പാകം നീലരൂപം ഗന്ധമില്ലെങ്കിലും ആ പാകചനീല രൂപം കാണാം ഇത്രയും സിദ്ധാന്തി പറയുന്നു ഗന്ധത്തിന്റെ വ്യാപ്യമാണ് പാക നീലരൂപം അത് പൃഥ്വിയില്ല ഗന്ധമില്ലെങ്കിലും അവാചരൂപം കാണാം സദ്ഭാവഗ്രാഹണ പ്രത്യക്ഷ സുഭേത്ര സമ്മാനം അതിന്റെ ഒരു പൊതുവായി പറയണെന്താണ് സദ്ഭാവഗ്രാഹിയായ പ്രത്യക്ഷം രണ്ടടുത്തും തുല്യമാണ് രണ്ടടുത്തും ഇവിടെ പൃഥിവിയിലും തമസിനും എന്തിനു തുല്യം ും പൃഥ്വീനും തമസിനും തമസിനും കാരണം ഇവിടെ അദ്വീതി പറയുന്നത് പ്രതീതി കൊണ്ടാണ് നീലരൂപത്തെ അംഗീകരിക്കേണ്ടത് നമ്മുടെ വ്യാപ്തിയൊക്കെ അവിടെ ഇരിക്കട്ടെ പ്രതീതിരേവേ അംഗീകാരം അപ്പൊ നീലരൂപത്തിന്റെ പ്രതീതി പൃഥ്വിയിലും ഉണ്ട് തമസിലുമുണ്ട് അപ്പൊ ഒരിടത്ത് പ്രതീതി കൊണ്ട് നീലരൂപത്തെ അംഗീകരിക്കുന്നു വേറെടുത്ത് അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല അനുഷ്ഠാസീത സ്പർശം പോലെ അല്ല അനുഷ്ഠാസീത സ്പർശം എന്ന് പറയുന്നത് ഗന്ധമില്ലാത്തടത്ത് പാകജമായ അനുഷ്ഠാസീത സ്പർശം ഇല്ല പക്ഷെ അപാകജമുണ്ട് അപാകജോടെയുണ്ട് അപ്പൊ വ്യാപ്യം വ്യാപകമില്ലെങ്കിൽ വ്യാപ്യമില്ല എന്ന് പറയുന്നത് ശരിയാണ് വ്യാപകമായ ഗന്ധമില്ലെങ്കിൽ വ്യാപ്യമായ പാകജ അനുഷ്ഠാസീത സ്പർശമില്ല എന്ന് പറയുന്നു പക്ഷെ വേറെ കാണാമല്ലോ എന്നുവെച്ചാൽ വ്യാപ്യമാകുന്നത് പാകജ അനുഷ്ഠാസീത സ്പർശ ഉള്ളു അല്ലാതെ അനുഷ്ഠാസീത സ്പർശം ഗന്ധത്തിന്റെ വ്യാപ്യമല്ല എന്നർത്ഥം അതുപോലെ നീലരൂപം ഗന്ധത്തിന്റെ വ്യാപ്യമല്ല ഇനി നിങ്ങൾ അങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ പാകജമായ നിലൂ നീലരൂപം ഗന്ധത്തിന്റെ വ്യാപ്യമാണ് പക്ഷെ അപാകജമായ നീലരൂപം ഗന്ധത്തിന്റെ വ്യാപ്യമില്ല അതുകൊണ്ട് ഗന്ധമില്ലാത്ത തമസിനും നീലരൂപം കാണാതിനൊരു യുക്തി പറയാണ് എന്താണ് സദ്ഭാവഗ്രാഹിണ പ്രത്യക്ഷസ്യ ഉഭേത്ര സമാനത്വ ഇപ്പോ സിദ്ധാന്തിക്ക് വേണ്ടത് എന്താണ് തമസിൽ നീലരുവുണ്ടെന്ന് സമർത്ഥിക്കും ഓ പൃഥ്വിയിൽ നീലരുവുണ്ടെന്ന് സമർത്ഥിക്കുന്ന നീലരൂപത്തിന്റെ സദ്ഭാവത്തെ ഗ്രഹിക്കുന്ന പ്രത്യക്ഷം അതേ പ്രത്യക്ഷം കൊണ്ട് തന്നെ എന്ത് ഗ്രഹിക്കാം തമസ്സിൽ രണ്ടാഴത്തും തുല്യമാണ് അതുകൊണ്ട് എന്ത് പറയുന്നു തമസിൽ നീലരൂപത്തെ അംഗീകരിച്ച് മതിയാകൂ എന്നാണ് ഈ ഭാവമാണ് ഞാൻ നോക്കിട്ട് വരാൻ പറയുന്നു വായിച്ചു നോക്കിയപ്പോ എന്ത് മനസിലായി എങ്ങനെയാണോ ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് വേറെ രീതിയിലാണ് ഉഭയത്ര എന്ന് പറഞ്ഞഅ പൃഥ്വിയിലും വായുവിലും പക്ഷെ സദ്ഭാവഗ്രാഹിനെ തമസയും വായുവിയും കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് സാധ്യത തമസിലുള്ള നീലമും വായുവിലുള്ള അനുഷ്ണാശീലസ്പർശമും അതിനെ കുറിച്ച് രണ്ടേ കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് അതായത് അത് പറയുന്നത് വ്യാപകമില്ലെങ്കിൽ വ്യാപ്യം കാണില്ല എന്നുള്ളതെന്ന് അതിലത് പറഞ്ഞു അങ്ങനെയല്ല വ്യാപകം വ്യാപ്യം എന്ന് പറയുന്നത് നിങ്ങൾ ധരിക്കുന്ന രീതിയിലല്ല അനുഷ്ഠീത സ്പർശത്തിന്റെ വ്യാപകമല്ല എന്റെ ഗന്ധം പറഞ്ഞിട്ട് അവിടെ അവിടെ പറയുന്ന എന്താണ് അവിടെ പറയുന്നത് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്ന ഇതാണ് ബന്ധത്തിന്റെ വ്യാപ്യമാണോ അനുഷ്ഠാശീത സ്പർശ അതാണ് അപ്പം പറയുന്നു അനുഷ്ഠാശീത സ്പർശം എന്ന് പറയുന്നത് വ്യാപ്യമായ അനുഷ്ഠാശീത സ്പർശം ഗന്ധത്തിന്റെ വ്യാപ്യമാണ് പക്ഷെ അനുഷ്ഠാശീത സ്പർശം അങ്ങനെയല്ല പൊതുവായി പറഞ്ഞു അതുകൊണ്ട് ഗന്ധമില്ലാത്തടത്തും അനുഷ്ഠാസീത സ്പർശമാണ് ഇപ്പൊ ഈ കാര്യം എന്ന് പറയുന്നത് താർക്കികര സംബന്ധമായ കാര്യമാണ് താർക്കികരെ സംബന്ധിച്ചിടത്തോളം വായുവിന് അനുഷ്ഠാസീത സ്പർശം ഉണ്ടെന്നുള്ള കാര്യത്തിൽ അത് പ്രത്യക്ഷം ഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിനും അഭിപ്രായ വ്യത്യാസമുണ്ട് പൃഥ്വിയിലെ അനുഷ്ഠാസീത സ്പർശവും വായുവിലെ അനുഷ്ഠാസീത സ്പർശവും പ്രത്യക്ഷമാണ് രണ്ടും രണ്ടിടത്തോണ്ട് ഈ കാര്യങ്ങളൊന്നും തർക്കമുള്ള കാര്യമില്ല ഇവിടെ തർക്കമുള്ള കാര്യം ഏതാണ് നീലരൂപം പ്രതീതി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുമെന്നുള്ളതാണ് മറ്റല്ല ഇവിടുത്തെ തർക്കവിഷയം അപ്പൊ നീലരൂപത്തെ അനുഷ്ഠാസീത സ്പർശം പോലെ കണക്കാക്കാൻ പാടില്ല അത് താർക്കീനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമുണ്ട് താർക്കീനും പറയുന്നു എന്താണ് ഗന്ധത്തിന്റെ വ്യാപ്യമല്ല അനുഷ്ഠാസീത സ്പർശം അതുപോലെ തന്നെയാണ് രണ്ടാമതും പറയുന്ന എന്താണ് അടുത്തത് സിദ്ധാന്തിയാണ് പറയുന്നത് എന്താണ് അങ്ങനെയാണെങ്കിൽ ഗന്ധത്തിന്റെ വ്യാപ്യമല്ല നീലരൂപം അത് സിദ്ധാന്തി പറയുന്നു ഇത് കർക്കീര സമ്മതമുള്ള കാര്യമുണ്ടോ അപ്പോ പറയുന്നു അതെങ്ങനെ പറയാൻ പറ്റും അപാകജമായ നീലരൂപം തമസിനും പാകചമായ നീലരൂപം പൃഥ്വിയിലും നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും അതാണ് അടുത്ത പ്രശ്നം ആര് ചോദിക്കും ഇപ്പോഴാണ് പറയുന്നത് നിങ്ങൾക്ക് അപാകജമായ നീലരൂപത്തെ പ്രത്യക്ഷം കൊണ്ട് ഗ്രഹിക്കാമെങ്കിൽ പാകജമായ നീലരൂപത്തെ പ്രത്യക്ഷം കൊണ്ട് ഗ്രഹിക്കാമെങ്കിൽ അപാകത്തെയും ഗ്രഹിക്കാം അവിടെ എന്താ പറയുന്നത് അനുഷ്ഠാചിത സ്പർശത്തെ കുറിച്ചല്ല പറയുന്ന വിനെയോ നീലരൂപത്തിന് തമസിലൂ നീല രൂപത്തിന് നിങ്ങൾ എങ്ങനെ ഗ്രഹിക്കുക എന്നുള്ളതാണ് അനന്ത പ്രമാണമെന്നുള്ളതാണ് അപ്പോ പ്രത്യക്ഷത്തിലൂടെ അനുഷ്ടാശീത സ്പർശത്തെ ഗ്രഹിക്കുമെന്ന് അദ്വൈതി താർഗികനോട് പറയേണ്ട കാര്യമില്ല എന്തുകൊണ്ട് അവരംഗീകരിച്ച കാര്യമാണ് ഇവിടെ അദ്വൈതിക്ക് താർക്കീയനോട് പറയേണ്ടത് എന്താണ് എങ്ങനെയാണോ പൃഥ്വിയില് പാകജമായ പാകമായ പാകവജവരംഗീകരിക്കുന്ന കാര്യമാണ് നീലരൂപത്തെ ഗ്രഹിക്കുന്നത് അതേ പ്രമാണം കൊണ്ട് തന്നെയാണ് തമസിലെ നീലരൂപത്തെ ഗ്രഹിക്കുന്നത് ഇതാണ് പറയുന്നത് അവിടെ അനുഷ്ഠാചിത സ്പർശത്തെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്തുകൊണ്ട് അതിൽ വിവാദമുള്ള കാര്യമുണ്ട് അനുഷ്ഠാത സ്പർശത്തെ പ്രത്യക്ഷ പ്രമാണം കൊണ്ട് ഗ്രഹിക്കുന്നു അദ്വൈത പറഞ്ഞിട്ട് എന്താ അദ്വൈതിക്ക് പറയുന്നു എന്തെങ്കിലും പറയാനുണ്ടോ എന്താ അദ്വൈതിക്ക് പറയേണ്ട ഇതാണ് എന്താണ് നിങ്ങളെ യുക്തിയൊക്കെ ശരി ദത്തിന്റെ വ്യാപ്യമല്ല നീലരൂപം അത് ശരിയല്ലേ അത് എന്ന് വെച്ചാൽ ദണ്ഡത്തിന്റെ വ്യാപ്യം പാകചനീല രൂപമാണ് അപാക നീലരൂപം വ്യാപ്യമല്ല പക്ഷെ അപാക നീലരൂപം ഉണ്ടെന്ന് അംഗീകരിക്കണ്ടേ എന്നാലേ അത് പറയാൻ പറ്റുമോ അത് താർക്കീനങ്ങനെ അംഗീകരിക്കും അതിനനുഷ്ഠാശീല സ്പർശം പ്രത്യക്ഷം ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ അനുഷ്ണാ ആ അപാകജമായ നീലരൂപം ഉണ്ടെന്ന് പറയുന്നതിന് അനുഷ്ണാശീത സ്പർശത്തെ പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നു പറഞ്ഞാൽ സമാനമാകൂ പക്ഷെ രണ്ടുപേർക്കും ഏഹ് ദോഷമല്ല ഇവിടെ പറയുന്നത് പ്രമാണത്തെ നീലരൂപത്തെ രണ്ടാക്കി എന്താണ് പാകജോ അപാകജോ പാകജത്തിന് എന്താണ് പ്രമാണം അപ്പൊ അവാകജത്തിനും അതേ ചക്ഷ്യന്തിരം പ്രമാണമാണോ അതുകൊണ്ട് സ്വീകരിക്കണമെന്നാണ് ആര് പറയുന്നത് സിദ്ധാന്തി അല്ല ഇങ്ങനെ പറയാൻ പറ്റും എന്താണ് അനുഷ്ഠാസീത സ്പർശത്തിന് പ്രത്യക്ഷം പ്രമാണമാണ് അതുകൊണ്ട് നീലരൂപത്തിനും പ്രത്യക്ഷം ഒന്നും പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അനുഷ്ഠാസീത സ്പർശത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല നീലരൂപത്തിന്റെ കാര്യത്തിലാണ് എന്തുള്ളത് തർക്കമുള്ളത് പിന്നെ പ്രമാണത്തിനും വ്യത്യാസമുണ്ട് കൃഷ്ണാശീലസ്പർശത്തെ എന്തുകൊണ്ട് ഗ്രഹിക്കുന്നുണ്ട് നീലരൂപത്തെ എന്തുകൊണ്ട് ഗ്രഹിക്കുന്നു ചക്ഷീന്ദ്രിയൊണ്ട് പൃഥ്വിയില് മറ്റത് ശരിയാണെന്ന് തോന്നും ആർക്ക് ആർക്ക് തോന്നുന്നു ആ ശരിക്ക് ചിന്തിക്കാതിരുന്നു പക്ഷെ ഹിന്ദിയിൽ അർത്ഥം എഴുതുന്നതിന് കാരണം അതല്ല ഹിന്ദിയിൽ അർത്ഥം എഴുതുന്നതിന് കാരണം സംസ്കൃത വ്യാഖ്യാനം സംസ്കൃത വ്യാഖ്യാനത്തെ അങ്ങനെയും വ്യാഖ്യാനിക്കാം ശ്രദ്ധിക്കാതിരുന്ന സംസ്കൃത വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അപാകജ നീലരൂപ സിദ്ധവും ഏത് സ്യത് തദൈവത്തോ ാനം ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദിയിലുള്ള അർത്ഥം എഴുതും ഇതാണ് കാരണം അങ്ങനെ ഹിന്ദിയിൽ അർത്ഥം എഴുതാൻ കാരണം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപാകജസ്പർശം അപാകജസ്പർശം എന്ന് വെച്ചാൽ വായുള്ള സ്പർശം അതുപോലെ അപാകജ നീലരൂപസിദ്ധവും അപാകജവുമായ നീലരൂപസിദ്ധിക്കുന്നതിന് സിദ്ധിച്ചാൽ ഏതസ്യ എന്നാണ് തമസിലെ നീലരൂപത്തെ ശ്രദ്ധിക്കാം തഥൈവതൂത പ്രമാണം പക്ഷെ ഈ നീലരൂപത്തിനെന്താണ് പ്രമാണെന്നാണ് ചോദിക്കുന്നു എവിടത്തെ തമസിലെ നീലരൂപത്തിന് അതാണ് ഇവിടുത്തെ ചോദ്യം ആദ്യത്തെ ഭാഗം വായിക്കുമ്പോൾ തോന്നും ഇത് അനുഷ്ഠാശീത സ്പർശത്തെ പറയുന്നത് അത് അംഗീകരിച്ചു ഇതുകൊണ്ട് ആദ്യത്തെ ഭാഗം രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നതാണ് അവിടെ എന്താ പറയുന്നത് അപാകജസ്പശം പോലെ ഇവിടെ വായുവല്ല അപാകജ നീലരൂപം സിദ്ധിച്ചാൽ നിങ്ങൾ പറയുന്നൊക്കെ ശരിയാണ് പക്ഷെ അപാകജ നീലരൂപത്തിനെന്താ പ്രമാണം ഇപ്പൊ പറയുന്നത് അപാകജ നീലരൂപത്തിന് എന്താണ് പ്രമാണം എന്ത് പ്രമാണം ചക്ഷുരേന്ദ്രീയം അല്ലാതെ തുകേന്ദിരിയും പറയാൻ പറ്റൂ അപ്പ അനുഷ്ഠാശീല സ്പർശത്തിന്ഥത്തിവിയിലും വായിലും അതായത്ാകജ അനുഷ്ഠാശീലസ്പർശമും അപാക അനുഷ്ഠാശീലസ്പർശമും ഗ്രഹിക്കാൻ എങ്ങനെയാണോ ഒരേ കാര്യത്തിൽ തർക്കമില്ലല്ലോ ഇവിടെ ചോദ്യം അതല്ലോ ഇവിടെ ചോദിക്കുന്നത് എന്താണ് നീലൊരു വസിദ്ധ യഥസ്യ തഥൈവ കുതസ്യെന്ന് പറഞ്ഞെന്താണ് നീലരൂപം കുതഹ എന്ന് വെച്ചാ കുതഹ പ്രമാണ നീലരൂപം ഏത് പ്രമാണം കൊണ്ട് സിദ്ധിക്കുമെന്നാണ് ഏത് നീലരൂപം അപാകജ നീലരൂപം അതിന് അനുഷ്ഠാസിതസ്പർശം വായുവിൽ ഗ്രഹിക്കുന്ന പ്രമാണം കൊണ്ടെന്ന് പറയാൻ പറ്റുമോ അത് രണ്ട് രണ്ട് വിഷയമാണ് അതില് വിവാദമുള്ള കാര്യമല്ല അത് സമ്മതിച്ചു ഒരേ ഇന്ദ്രിയല്ലോ അതിനെ കുറിച്ച് ചോദ്യമില്ലല്ലോ അതേപോലെ എന്ന് പറയണെങ്കിൽ എന്ത് വേണം അവിടെ അക്കാര്യത്തിൽ വിവാദം വേണം അല്ലെങ്കിൽ ഒരേന്ദിരി ആയിരിക്കണം ഗ്രഹിക്കേണ്ടത് ഇന്ദിരിയോ ഒന്നല്ല അവിടെ വിവാദവും തർക്കി അംഗീകരിക്കുന്ന കാര്യ കൃഷ്ണാശീത സ്പർശം ചക്ഷു ഇന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കൂ ഇവിടെ സിദ്ധാന്തി എന്താ പറയുന്നത് പ്രതീതി രവസിദ്ധത്വ പ്രതീതി സിദ്ധമാണ് എന്ത് പ്രതീതി ചാക്ഷുഷപ്രതീതി വേറെ പ്രതീതി പറയാൻ പറ്റും മറ്റത് പറയുന്നത് ശരിയാണെന്താണ് അനുഷ്ണാസീതവും പാകജവും അവാകജവും എല്ലാം സ്വകേന്ദ്രിയം കൊണ്ടുതന്നെ ഗ്രഹിക്കുന്നത് അത് തർക്കമുള്ള കാര്യമല്ലല്ലോ അത് പറഞ്ഞു കഴിഞ്ഞാൽ നീലരൂപം ഗ്രഹിക്കുന്നു എന്നങ്ങനെ പറയാൻ പറ്റും കാരണം അത് തുകന്തിരിയും കൊണ്ടല്ലേ ഗ്രഹിക്കുന്നു നീലരൂപം അതുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റും തുകന്തിരിയും കൊണ്ട് വായുവിലെ അനുഷ്ഠാനത്തെ ഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇവിടെയും ഗ്രഹിക്കണമെന്ന് അങ്ങനെ പറയാൻ പറ്റും കാരണം തുകയല്ലോ കൂടെ ഗ്രഹിക്കുന്നു അതല്ല അത് കഴിഞ്ഞു അദ്വൈതി അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് താർക്കും സമ്മതിച്ച കാര്യമാണ് അതിലിനെ അദ്വൈതിക്ക് യുക്തിയൊന്നും പറയേണ്ട കാര്യമില്ല പാകജവും അപാകജവും തൊകേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നു അതിലെന്താ താർക്കി ഏതെടുക്കും അത് പാകമായ അതെങ്ങനെ അത് രണ്ടും തൊകേന്ദ്രിയേ ചേന്ദ്രിയം കൊണ്ടാണോ അത് ഗ്രഹിക്കുന്നത് ഏത് ഗുണത്തിനും ഏതുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റൂ അതങ്ങനെ രണ്ടിടത്ത് ഏതെന്തി ഉഷ്ണസ്പർശത്തെ തുകന്ദ്രിയം കൊണ്ടല്ലാ ചേഷണത്തെ അത് അദ്വൈതി പറയേണ്ട കാര്യമില്ലല്ലോ താർക്കികന് സമ്മതമായ കാര്യമല്ലേ അദ്വൈതി താർക്കികനോട് പറയേണ്ട കാര്യമില്ലല്ലോ താർക്കികൻ അംഗീകരിച്ച കാര്യമല്ലേ അത് ഏഹ് ിക്കുന്ന ഏതെല്ലാം പ്രതീതി കൊണ്ട് തമസിൽ നീല രൂപം ഉണ്ടെന്നോണ്ടാണ് സമർത്ഥിക്കുന്നത് അങ്ങനെ തൊഴേന്ദ്രീതിന്റെ ഇത് പൃഥ്വിയിലെ പാകജ നീല രൂപവും അപാക നീല രൂപമാണെങ്കിൽ ഇത് വേണമെങ്കിൽ പറയാമായിരുന്നു അല്ലെ പൃഥ്വിയിലെ പാകരൂപ നീലരൂപവും അപാക നീലരൂപവും ഒരേ ഇന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നു എന്ന് താർക്കിനോട് പറയേണ്ട കാര്യമില്ല അല്ലേ ഏഹ് പൃഥ്വിയിലുള്ള നീലരൂപവും അപാക നീല ഒരേ സ്ഥലത്തിൽ പൃഥ്വിയിലെ അപാക നീലരൂപം മാത്രമേ പൃഥ്വിയിൽ പാകചം മാത്രമേ ഉള്ളൂ താർക്കികനോട് പറയേണ്ടത് എന്താണ് തമസിലെ നീലരൂപം നിങ്ങൾ പൃഥിവിയിലെ പാകജമായ നീലരൂപത്തെ ചാക്ഷമായി സ്വീകരിക്കാമെങ്കിൽ എന്താണ് ഇവിടെയും പ്രമാണം എന്താണ് ചാക്ഷുഷമാണ് ചക്ഷേന്ദ്രിയാണ് ഇവിടെ തമസിലും പ്രമാണം ചക്ഷിന്തിരി പ്രമാണം കൊണ്ട് അവിടെ ഈ നീല രൂപത്തെ അംഗീകരിക്കണം അതാണ് നേരത്തെ പറഞ്ഞ പ്രതീതി എന്ന് പറഞ്ഞു അത് മറ്റത് പറയേണ്ട ആവശ്യം കൂടെ വരുന്നില്ല എന്തുകൊണ്ട് അതിന് വിവാദമുണ്ട് അത് താർക്കി അംഗീകരിക്കുന്ന കാര്യമല്ലേ അല്ലെങ്കിൽ അത് പറഞ്ഞാൽ താർക്കിത് അംഗീകരിക്കുമോ ഇനി താർക്കികനോട് പറയണെന്താണ് ിയം കൊണ്ട് എന്താണ് പൃഥ്വിന്റെയും വായുവിലെയും അനുഷ്ഠാശീതസ് ഗ്രഹിക്കുന്നു അതുകൊണ്ട് തോമസിലെ രൂപത്തെ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ താർക്കെ അംഗീകരിക്കും അതല്ലേ താർക്കി ചോദ്യം ചെയ്യുന്നത് അതങ്ങനെ നിയമമായിട്ട് എടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ പിന്നെ താർക്കിനിവിടെ അഭിപ്രായ വ്യത്യാസം വരില്ലല്ലോ അവര് നേരത്തെ അംഗീകരിക്കുകയല്ലേ ആ നിയമം അദ്വൈതി പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെ സാമാന്യത കാണിക്കുന്നത് സമ്മാന്യം കാണിക്കാൻ പറ്റില്ല എന്ന് കൊണ്ട് രണ്ട് രണ്ട് ഇന്ദ്രിയാണ് അതുകൊണ്ട അവിടെ വിവാദം ഇല്ല വിവാദ അത് രണ്ടും ഒരുപോലെ ആയിരിക്കണം ഇത് ഒന്ന് ചക്ഷേന്ദ്രിയ തുക ഇന്ദ്രിയാണ് കോമണായിട്ട് ഇന്ദ്രിയ അങ്ങനെ കോമണായിട്ട് ഇന്ദ്രിയത്തെ എടുക്കണമെങ്കിൽ പിന്നെ തർക്കീം ചോദ്യം ചെയ്യത്തില്ലല്ലോ താർക്കിം പറയും ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിച്ചതെന്ന് പറയും ചർച്ചയുടെ ആവശ്യമില്ല ി പറഞ്ഞ രീതിയിലേ അതല്ലേ പറയുന്നത് സ്വാമി പറഞ്ഞ രീതിയിലും സ്വാമി അതല്ലേ പറയുന്നത് പാകജമായ നീലരൂപത്തെ പൃഥ്വിയിലെ ഗ്രഹിക്കുന്ന അതേ ഇന്ദ്രിയം കൊണ്ട് അപാകമായ നീളരൂപത്തെ തമസിലെ ഗ്രഹിക്കാം എന്നല്ലേ എന്നാ പറയുന്നു അത് തമത്തിക്കുന്നെങ്ങനെ കാണിക്കണ്ടേ അത് പ്രതീതി നേരത്തെ എന്നാ പറഞ്ഞേ അനുഭവം ഒരേ ഇന്ദ്രിയം കൊണ്ട് പാകത്തെയും അപാകത്തെയും ഗ്രഹിക്കാം എന്നുള്ളതിന് ഉദാഹരണമായിട്ട് അത് അത് പറയണമെന്നുണ്ടെങ്കി എന്ത് വേണം അതിലഭിപ്രായ വ്യത്യാസം വേണം അതിലഭിപ്രായ വ്യത്യാസമില്ലല്ലോ താർക്കിയൻ സമർത്ഥിച്ച കാര്യമല്ലേ താർക്കികനോട് പറയുന്നത് താർക്കിയെ സമ്മതിക്കാത്ത കാര്യമല്ലേ അത് അദ്വൈനെ സമർത്ഥിക്കുന്നു അംഗീകരിക്കുന്നു താർക്കികന് സമർത്ഥിക്കുന്നു അത് പറഞ്ഞത് തമസിന് നീല രൂപം താർക്കയെ അംഗീകരിച്ചു തരത്തില്ല സ്പർശത്തെ രണ്ടിടത്തും ഗ്രഹിക്കുന്നു അതുകൊണ്ട് തമസിന് നീല രൂപം കൊണ്ടെന്ന് താർഗയെ സമ്മതിക്കത്തില്ല പ്രമാണം ചക്ഷരും പ്രമാണം ചക്ഷരും അതാണ് നേരത്തെയും പറഞ്ഞെന്താണ് പ്രതീദേഹേ പ്രതീതിയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഇവിടെ സദൈവതുപ്രമാണത് ഇതാണ് ചോദ്യം ഏത് പ്രമാണത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് ദൃഷ്ടാന്തമല്ല പ്രമാണവും ദൃഷ്ടാന്തവും രണ്ടും രണ്ടാണ് ഇവിടെ പ്രമാണം ചോദിക്കുമ്പോഴ്ത്തരം പ്രമാണത്തെ പറയണം മറ്റേ ദൃഷ്ടാന്തമായി പോകും സ്വാമി പറഞ്ഞ രീതിയില് പാകത്തെ കഴിച്ച് അതേ പ്രമാണം തന്നെ അതുകൊണ്ട് തമസിനെ നീല രൂപം ശ്രദ്ധിക്കത്തില്ലല്ലോ ഇവിടെ ചോദിക്കുന്നത് എന്താണ് തദ്വത് കുതപ്രമാണ നീലരൂപ ശ്രദ്ധിക്കുന്ന അത് പ്രമാണം കൊണ്ടെന്നാണ് അനുഷ്ഠാചീത സ്പർശത്ത് ശ്രദ്ധിക്കുന്ന പ്രമാണം കൊണ്ടെന്ന് പറയൂ അതിന് ആ പ്രമാണം അവർ ചോദിക്കുന്നില്ലല്ലോ അത് അവർക്ക് അറിയാമല്ലോ താർക്കു ചോദിക്കുന്നുണ്ടോ അനുഷ്ഠാചീത സ്പർശത്തെ അല്ലെങ്കിൽ പാകജമോ അപാകജമമായ ഏത് പ്രമാണം കൊണ്ടാണ് ഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടോ തർക്കം ചോദിക്കുന്നുണ്ടോ അപ്പൊ പ്രതീതി കഴിഞ്ഞാൽ അതപ്പോ ദൃഷ്ടാന്തമായി പോകും ദൃഷ്ടാന്തമല്ല ചോദിക്കുന്നത് പ്രമാണമാണ് ഇങ്ങനെ പറയാം എങ്ങനെ അതായത് അനുഷ്ഠാശീത സ്പർശത്തെ രണ്ടിടത്തും തൊകീന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതെന്തായിപ്പോ അതൊരു ദൃഷ്ടാന്തമായിപ്പോ ഇവിടെ ദൃഷ്ടാന്തമല്ല ചോദിക്കുന്നത് പിന്നെ എന്താണ് പ്രമാണമാണ് പ്രമാണല്ല പ്രമാണമെന്ന് പറയുമ്പോൾ ചക്ഷുരീരത്തെ പറയേണ്ടി വരും അപ്പൊ അത് തമസിനെ നീലരൂപത്തെ കാണുന്ന പ്രമാണം എന്ന് തന്നെ പറയേണ്ടി വരും ദൃഷ്ടാന്തം വരെ പ്രമാണം വേറെ തമസിലെ നീലരൂപത്തെ ഗ്രഹിക്കാനുള്ള പ്രമാണം ഏത് എന്നാണ് ചോദ്യം എങ്കിലും മാത്രം തന്നെ അത് പ്രമാണം ചോദിക്കുമ്പോ പ്രതീതിയാണോ പ്രതീതി പ്രമാണജന്യമായ ജ്ഞാനം പ്രതീതി വരെ പ്രമാണം വേറെ ഇവിടെ ചോദിക്കുന്നു കുതപ്രമാണീടെ രണ്ടുപേരും അങ്ങനെ രണ്ടുപേരും സംവദിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിവാദമുള്ള കാര്യമല്ലല്ലോ ുംഭിപ്രായ പ്രതീതി രണ്ടുപേരും അംഗീകരിക്കുന്നു പ്രമാണം എന്തെന്നാ ചോദ്യം പ്രതീതി താർക്കികം അംഗീകരിക്കുന്നു അദ്വീതി അംഗീകരിക്കുന്നു നീലം കാണുന്നു അത് രണ്ടുപേരും അംഗീകരിക്കുന്നു അത് രണ്ടു വഴിയേ ഉള്ളൂ ഒന്നുകിൽ അത് ഭ്രമം എന്ന് പറയുന്നു അല്ലെങ്കിൽ യഥാർത്ഥം എന്ന് പറയണം യഥാർത്ഥം എന്ന് പറഞ്ഞാൽ പ്രമാണം വേണം എന്താ പ്രമാണം അവൻ പറയുന്നു ഏതാണോ പൃഥ്വിയിലെ നീലരൂപത്തെ ഗ്രഹിച്ചത് അത് ഇവിടത്തെ തോമസിലെ നീലരൂപത്തെയും ഗ്രഹിക്കുന്നു സദ്ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് നീലരൂപത്തിന്റെ സദ്ഭാവം അതിനെ ഗ്രഹിക്കുന്ന പ്രമാണം ആ പ്രമാണം അതാണ് കൂടെ ചോദിച്ചത് കുതഹ പക്ഷെ ഈ പറഞ്ഞതുപോലെയും ചിന്തിക്കാം അങ്ങനെ പെട്ടെന്ന് തോന്നിപ്പോവും അതിനെക്കുറിച്ചാണ് പറയുന്നത് അനുഷ്ഠാശീതവും രണ്ടടുത്ത് വിരിക്കുന്നത് അതുപോലെ ഒരു ദൃഷ്ടാന്തം പറയണം നമ്മുടെ ദൃഷ്ടാന്തമല്ല അതീ വ്യാഖ്യാനത്തിന്റെ ആദ്യ ഭാഗം വായിക്കുമ്പോ അങ്ങനെ തോന്നും പൂർവാർത്ഥം പക്ഷേ അത് പിന്നീട് കറക്റ്റ് ചെയ്യുന്നുണ്ട് ആദ്യം പറയുന്ന എന്താണ് അപാകസ്പർശപത് അതാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് അപാകജസ്പർശത്തെ പോലെ പാകജ നീലരൂപം സിദ്ധിക്കുന്നുണ്ടല്ലോ പിന്നെ എന്ന് പറയുമ്പോൾ അത് ശരിയാണ് അപാകജ സ്പർശത്തെ പോലെ പാകജവും സിദ്ധിക്കുന്നുണ്ട് അപ്പോ അത് ശരി അങ്ങനെ പക്ഷെ പറയുന്നു പക്ഷെ ഏതദേവ തദേവ കുത്തസ്യ ഈ നീലരൂപം എങ്ങനെ അപാകജമായ നീലരൂപം എങ്ങനെ ശ്രദ്ധിക്കും അതാണ് അടുത്ത ചോദ്യം അനുഷ്ഠാശീല സ്പർശത്തെ കുറിച്ചുള്ളത് അപാകജമായ നീലരൂപം എങ്ങനെ ശ്രദ്ധിക്കും എന്ന് വെച്ചാലും എങ്ങനെ കുതഹപ്രമാണം ദൈനന്ത പ്രമാണം അപ്പ എന്തുപറിയ അപാകമായ സ്പർശം ലഭിച്ചതുപോലെ പാകജമായ അത്യം കൊണ്ട് ഗ്രഹിച്ചു കാരണം അത് സമ്മതിക്കുന്നു താർക്കികൻ ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല സമ്മതിച്ചു അടുത്ത ചോദിക്കുകയാണ് നിങ്ങളീ പറയുന്ന തമസിലെ നീലരൂപം ഏത് പ്രമാണം കൊണ്ട് ശ്രദ്ധിച്ചു അപ്പോ വായുവിലെ അനുഷ്ഠാശീല സ്പർശത്തെ സിദ്ധിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ എന്ത് വരും തൊകന്തിനും കൊണ്ട് ശ്രദ്ധിച്ചു അപ്പൊ പറയണ മറുപടി എന്താണ് വായുവിലെ അനുഷ്ഠാശീല സ്പർശത്തെ ശ്രദ്ധിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ തുകന്തിനെ കൊണ്ട് സിദ്ധിച്ചതാണ് അതല്ലല്ലോ പ്രമാണു അതും പൃഥ്വീല നീലരൂപത്തെ സിദ്ധിച്ചതുപോലെ ശ്രദ്ധിക്കണം അപ്പൊ പിന്നെ എന്താണ് ചക്ഷു ചക്ഷത്രമേ ഉള്ളൂ അപ്പോ ഹിന്ദി എങ്ങനെയാണ് ഹിന്ദി സാറൊന്ന് അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞ ഹിന്ദി ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിൽ ഹിന്ദി കറക്റ്റ് ചെയ്ത് എങ്ങനെ കറക്റ്റ് ചെയ്യും അതായത് അവസാനത്തെ സെന്റൻസ് എങ്ങനെയാണ് അപാകജ അനുഷ്ന സ്പർശിക്ക ഗ്രാഹക പ്രത്യേകിച്ച് ീലരൂപക ഗ്രാഹപ്രത്യക്ഷി സി കഥാഹെ അത് കറക്റ്റ് ചെയ്യുമ്പം അത് രൂപ പ്രത്യക്ഷ നീലരൂപക ഗ്രാഹപ്രത്യക്ഷ അല്ലെങ്കിൽ പറയണെന്താണ് പൃഥ്വിയിലെ അതുകൂടെ ചേർക്കണം എങ്ങനെ പൃഥ്വിയിലെ പൃഥ്വി നീലരൂപ ഗ്രാഹക പ്രത്യക്ഷ ഗ്രാഹക് ഗ്രാഹക പ്രത്യക്ഷം പ്രമാണം ഈ പ്രത്യക്ഷം എന്ന് പറഞ്ഞാലും അവിടെ പ്രത്യേകം പറയണം പ്രത്യക്ഷം പോരാ പ്രത്യക്ഷ പ്രത്യക്ഷ പ്രമാണം പ്രത്യക്ഷ പ്രമാണം പ്രണത്തിനേം പ്രത്യക്ഷ പ്രത്യക്ഷ ചക്ഷിരേന്ദ്രത്തിനെയും എന്ത് പറയാം അപ്പൊ അവിടെ അങ്ങനെ പറയേണ്ടി ഇത് എന്താണ് പ്രത്യക്ഷ പ്രമാണം എന്ന് തന്നെ പറയണം അപ്പൊ ശരിയാവും മലയാളത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ ഇങ്ങനെ പറയാ എന്താണ് പൃഥ്വിഹ ഗ്രാഹക പ്രത്യക്ഷ പ്രമാണമേവ്രമാണം അതാണ് പറയുന്നത് സദ്ഭാവഗ്രാഹിണ പ്രത്യക്ഷ പ്രത്യേകം പറയുന്നു അപ്രത്യക്ഷ പ്രമാണം ഉഭയത്ര രണ്ടിടത്തും തുല്യമാണ് ചക്ഷുസു തന്നെയാണ് ചക്ഷുഷ തന്നെയാണ് അത് നേരത്തെയാണ് പറഞ്ഞു അതിനൊന്ന് മുമ്പ് എന്താണ് ഇഹാബി പ്രതീദേരേവ നീല അതിനോടാണത് മനസിലാക്കേണ്ടത് ഇഹാവി എന്ന് പറഞ്ഞാൽ തമസ്യവി പ്രതീതേരേവ പ്രത്യക്ഷ പ്രതീതേരേവ നീലരൂപസ്യ ഗന്ധാഭാവേ തമസി ഗന്ധാ അഭാവേ അവി നീല രൂപ അങ്ങനെ അവിടെ അർത്ഥം മനസ്സിലാക്കിയ ഇവിടെ കുഴപ്പം വരത്തില്ല ർജ്ജ് യോഗീന്ദ്രനാഥെന്നൊന്നു തന്നെയാണ് ആ യോഗീന്ദ്രനാഥെന്നൊന്നാണ് ഈ ഹിന്ദി തർജ്ജിമ ചെയ്തേക്കുന്നത് അദ്ദേഹം അന്ന് കാശിയിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഇതിനു മുന്നേ ഒരു മിസ്റ്റേക്സ് ഹിന്ദിയിൽ കുറെ മിസ്റ്റേക്ക് ഇസ്താണ് ശ്രദ്ധിച്ച് വായിച്ചത് പല സ്ഥലത്തും ഹിന്ദിയിലും മിസ്റ്റേക്ക് മിസ്റ്റേക്ക് വരും ആരും അങ്ങനെയല്ല ഇതുപോലെയുള്ള അല്ലാതെയുള്ള മിസ്റ്റേക്കുകൾ പലയിടത്തും വന്നിട്ടുണ്ട് ഇദ്ദേഹം ജീവിച്ചിരുന്നതൊരു നാപ്പത് അമ്പത് ആ കാലഘട്ടത്തിലൊക്കെ ന്യായം മീമാംസ അദ്വൈതം എല്ലാത്തിന്റെയും പക്ഷേ നമ്മളിപ്പോ അതിങ്ങനെ കരാറുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ബാക്കിയെല്ലാം ഇതേ വിശദമായി എഴുതി വച്ചിരിക്കുന്നോണ്ടാണ് അപ്പൊ ആ വ്യാഖ്യാനത്തെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ അതിലൊരു മിസ്റ്റേക്ക് കണ്ടുപിടിക്കുന്നത് ആ അതാണ് ചെയ്യുന്നത് വെച്ചാൽ വ്യാഖ്യാനം മോശം ഒന്നും ഇല്ല അത്രയും വ്യാഖ്യാനം എഴുതി വരുമ്പോ ചിലടത്തൊരു മിസ്റ്റേക്ക് വരുന്നത് പക്ഷേ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഗ്രഹിക്കുന്ന അങ്ങനെ ിക്കുന്നതിനു സഹായിക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന എന്തുകൊണ്ട് സംസ്കൃത വ്യാഖ്യാനം ഉള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നിട്ടൊരു സംസ്കൃത വ്യാഖ്യാനം ഇല്ലാതെ ഹിന്ദി മാത്രമാണ് എഴുതുന്നെങ്കിൽ ഏതാണ് ശരി ഏതാണ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വരെ വഴിയില്ല ഇതാണെന്ന് തറപ്പിച്ച് പറയാൻ പറ്റില്ല സംസ്കൃതത്തിൽ അങ്ങനെ വിശദമായൊരു വ്യാഖ്യാനം ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ ഇവിടെ മാത്രമല്ല ഇതിലും വലിയ മിസ്റ്റേക്ക് എടുക്കുമ്പോൾ ചെറിയ വന്നിട്ടുണ്ട് അപ്പം അത് ആള് പറയുന്നത് ഇത് ചിന്തിച്ച് ശ്രദ്ധിച്ചാലേ മനസ്സിലാവത്ത ചെറിയൊരു വ്യത്യാസമാണ് പക്ഷെ ആ വ്യത്യാസമാണത് അപ്പോൾ മാത്രമേ എല്ലാ കറക്റ്റ് പക്ഷേ ഈ ദൈവം എഴുതിയിരിക്കുന്നിടത്തെല്ലാം വായിക്കുമ്പോൾ നമുക്ക് അവിടെയെല്ലാം അത് ശരിയല്ല തന്നെ തോന്നും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല പ്രകടമായി തെറ്റെന്ന് തോന്നിയാലേ നമുക്ക് അത് തെറ്റെന്ന് പറയാൻ പറ്റും ശരിയെന്ന് തോന്നും പിന്നെ അത് കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് രസമുണ്ട് ശരിക്കും മനസ്സിലാക്കി പോകുന്നത് നല്ലത് ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല പഠിക്കുന്ന ഭാഗം ക്ലിയറായി പോയി കഴിഞ്ഞു ചെയ്യും അടുത്തത് കഴിഞ്ഞ ദിവസം പറഞ്ഞെന്നു വെച്ചാ സ്പർശാഭാവ തമസ്വരൂപത്വഭാവ തമഹ രൂപഭാവത് സ്പർശ ആകാശ അനുമാനം പറയുന്നത് ബാധിതമാണ് രൂപഗ്രാഹക പ്രത്യക്ഷ വിരോധിയത് കാലാത്യ അപതിഷ്ഠ കാലാത്യ അപതിഷ്ഠ എന്ന് പറഞ്ഞ ബാധിതൻ ഇത് തന്നെ കാലഅത്യം എന്ന് പറയുമ്പോ കാലത്തിന്റെ സാധ്യത്തിന്റെ അഭാവത്തെ അപതിഷ്ടമാകുന്നു ശ്രദ്ധിക്കുന്നു ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നു മറ്റ് പ്രമാണ പ്രമാണാന്തരീണ സാധ്യാഭവും നിശ്ചിത അത് തന്നെ കാല അത്യപതിഷ്ടം കാലം എന്ന് പറയുന്ന നടത്തുന്ന കാലം ആ കാലത്തിൽ തന്നെ എന്തുവരുന്നു അപതിഷ്ടം വരുന്നു നിർദ്ദിഷ്ടമാകുന്നു എന്ത് സാധ്യാഭാവം ഇത് ന്യായസൂത്രത്തിൽ കൊടുത്തിരിക്കുന്ന പേരാണ് കാലിയപതിഷ്ഠാവ അനുമാന അനുദയാ അങ്ങനെ ഒരു അനുമാനം നടക്കത്തുരന്ത അത്യന്താശ് അപ്യം അപ്യന്ന് പറയും ലയം അത്യം നാശ അത് മാത്രമല്ല അന്യഥ രൂപാഭാവേന പവനേവി സ്പർശാഭാവ അനുമാന ശതുർ നിരൂപിതത്വ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു അനുമാനം കൂടെ ചെയ്യും എന്താണ് വായുഹു സ്പർശാഭാവവാൻ രൂപാഭാവ ആകാശത്ത് എന്താ കുഴപ്പം വായുഹു സ്പർശാഭാവ വായു സ്പർശാഭാവം എന്ന് വെച്ചാൽ വായുവിൽ അനുഷ്ഠാന സ്പർശമില്ലെന്ന് താർക്കയെ സമ്മതിക്കോ വായുവിനെ പക്ഷമാക്കി സ്പർശാഭാവത്തെ സാധ്യമാക്കി രൂപാഭാവത്തെ ഹേതുവാക്കി ആകാശത്തെ പോലെ ഈ അനുമാനത്തിലൂടെ ഇങ്ങനെ അങ്ങ് ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് ശ്രദ്ധിക്കാം ആകാശം എടുക്കുക ആകാശത്തിൽ രൂപാഭാവമുണ്ട് സ്പർശാഭാവമുണ്ട് ശരിയായി അതുകൊണ്ട് വായുവിന് സ്പർശാഭാവം ഉണ്ടെന്ന് ശ്രദ്ധിക്കാൻ പോയാ ശരിയാവും താർക്കിക മതമനുസരിച്ച് വായുവിൽ സ്പർശമുണ്ട് അതാണ് പറയുന്നത് അന്യഥ ഇവിടെ ബാധ വായുവിലും സ്പർശാഭാവ അനുമാനസ ദുർനിവാര സ്പർശാഭാവ അനുമാനത്തെ ഒഴിവാക്കാൻ കഴിയത്തില്ല കഴിയത്തില്ല എന്നർത്ഥം പക്ഷെ ഇവിടെ എന്തുവരുന്നു ബാധ വരുന്നു സ്പർശം പ്രത്യക്ഷ പ്രമാണത്തിലൂടെ സ്പർശാഭാവം അനുമാനിക്കാൻ പോയാ ോഷം വരും അന്യത്ര രൂപവതാമേവ സ്പർശ നിയമ നിങ്ങൾക്ക് പറയാം അങ്ങനെ അനുമാനം കൊണ്ട് അതിന് അല്ല നേരത്തെ പറയണു എന്താണ് തമസിന് രൂപമില്ലാന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അനുമാനത്തിലൂടെ വായുവിന് സ്പർശമില്ലെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കും പറ രണ്ടുപേർ പോലെ വരും അതേ ദോഷം തന്നെ ഇവിടെയും വരും അപ്പോൾ വായുവിൽ സ്പർശമില്ലെന്ന് ശ്രദ്ധിക്കാക്കില്ല അവരെന്ത് പറയുമോ അതവിടെ ബാധദോഷമുണ്ട് എന്നാൽ ഇവിടെയുണ്ട് ബാധദോഷം തമസിൽ രൂപമില്ലെന്ന് പറഞ്ഞാൽ അവിടെ എന്തു വരും ബാധദോഷം പിന്നെ ഇത് പറയുന്ന എന്തുകൊണ്ട് അന്യത്ര രൂപകഥാമേവ സ്പർശവത്വ നിയമാണ് പറയുന്നു എത്രയെത്ര രൂപത്വം തത്രയത്ര സ്പർശവത്വം വ്യാപ്തിയുണ്ട് എവിടെ എവിടെയെല്ലാം രൂപമുണ്ടോ അവിടെ എവിടെയെല്ലാം സ്പർശമുണ്ട് എന്നുവെച്ചാൽ പൃഥിവി അപ്പ് തേജസ് മൂന്നിടത്ത് വന്നുണ്ട് രൂപമുണ്ട് അവിടെയെല്ലാം സ്പർശമുണ്ട് അപ്പോ എന്തുകൊണ്ടാണ് വ്യാപ്തി പറയുന്നത് കാരണം ഇവിടെ ഇപ്പം പക്ഷമാക്കിയതിന് വായുവിന് അപ്പൊ വായുവിനെ എടുക്കാൻ പറ്റില്ല കാരണം വായുവിൻ്റെ സാധ്യതയെക്കുറിച്ച് സംശയമാണ് സ്പർശമുണ്ടോ ഇല്ലേന്നുള്ളത് അപ്പം വായുവിനെ മാറ്റി വയ്ക്കണം വ്യാപ്തി പറയുമ്പോ എന്ത് പറയേണ്ടി വരും എത്ര എത്രയെത്രൂപഭാവ സ്പർശാഭാവ യഥാ പൃഥ്വി യഥാ രൂപ എത്ര എത്ര രൂപ സ്പർശാഭാവ യുഥാകാശല്ല യഥാകാശ യഥാ കാലം യഥാദിക്ക് യഥാ മനസ് യഥാ ആത്മാ എല്ലായിടത്തും പറയാം ഈ വായുവിന് മാത്രം എടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് കക്ഷമായി ഹനുമാനശരിയായില്ലേ ദൃഷ്ടാന്തവും വന്നില്ലേ ഹനുമാനം ശരിയാകുന്നതിന് വ്യാക്തി നിശ്ചയിച്ചാൽ പോര് വ്യഭിചാരം കാണാതിരുന്നാ പോര് ആകെ പറയാവുന്നല്ലോ ഇവിടെ എത്ര രൂപ ഭഗവാൻ സ്പർശ ശരിയാവത്തില്ല വായുവിൽ പറയാമായിരുന്നു പക്ഷെ വായുവിനെ തന്നെ എന്ത് ചെയ്തു പക്ഷമാക്കി അപ്പം അവിടെ സന്ദേഹം വന്നു അവിടെ സ്പർശമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയം വന്നു സാധ്യം അവിടെ വെച്ചതുകൊണ്ട് പിന്നെ ബാക്കി ആകാശാദികളെടുത്തു അവിടെയൊക്കെ വ്യാപ്തി ഒരുമിച്ച് വന്നു പായുഹ സ്പർശാഭാവാൻ രൂപാഭാവാ ആകാശവത്ത് പക്ഷേ ഇങ്ങനെ അനുമാനിക്കാൻ പോയി കഴിഞ്ഞാൽ വ്യാപ്തി ഉണ്ടെങ്കിലും എന്ത് സംഭവിച്ചോ അപതിഷ്ഠ അതുകൊണ്ട് പറയുന്നു അന്യതാ രൂപാഭാവേന പവനേവി സ്പർശാഭാവാനുമാനസുവാരത്വ അന്യത്ര രൂപ സ്പർശ ഇനി നേരത്തെ പറഞ്ഞ ഒരു വ്യക്തിക്ക് സമാനം പറയുന്നു എന്താണ് എന്നുവച്ച അസ്പർശകത്വദേവത്തമ പരമാണുവിനാ മനോ അനാരംഭകത്വം അനുമാദും യുക്തം നേരത്തെ പറഞ്ഞു മനസ്സിൽ സ്പർശമില്ല അതുകൊണ്ട് അതിൽ നിന്ന് ദ്രവ്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല സ്പർശമില്ലാത്ത പരമാണുവിൽ നിന്നും ദ്രവ്യങ്ങൾ ഉണ്ടാകത്തില്ല കാര്യദ്രവ്യം ഉണ്ടാകത്തില്ല അതുകൊണ്ട് തമസ്സിൽ സ്പർശം അനുഭവപ്പെടുന്നില്ലല്ലോ അപ്പോ തമസ് അവയവിദ്രവ്യമാണ് അപ്പൊ തമസിന്റെ കാരണമായ പരമാണുവിന് സ്പർശം കാണാൻ വഴിയില്ല അപ്പോ തമ പരമാണുവിന് തമസുണ്ടാകത്തില്ല സ്പർശം ഉണ്ടെങ്കിൽ കാര്യദ്രവ്യം ഉണ്ടാവും തമസ്സിന് കാരണമായി പരമാണുണ്ടെന്ന് അംഗീകരിക്കണെന്തുകൊണ്ട് അത് അവയവി ദ്രവ്യമാണ് അവയവി ദ്രവ്യം എന്ന് പറഞ്ഞാൽ അവയവം കാണും അവയവം ഉണ്ടായതും ഒരപ്പവും പരമാണുവിരപ്പവും അപ്പൊ തമപരമാണുവിന് സ്പർശ ഉണ്ടായാലേ അതിൽ നിന്ന് തമോദ്രവ്യം ഉണ്ടാകത്തുള്ളൂ ഏതുപോലെ ആകാശം ആകാശം ജലം തേജസ് വായു ഇതിനെല്ലാത്തിൻ്റെയും പരമാണുക്കളിൽ സ്പർശമുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ കാര്യദ്രവ്യം ഉണ്ടായതാണ് സ്ഥൂലമായ ഈ നാല് ഭൂതങ്ങൾ താർക്കേന്റെ സിദ്ധാന്തം അനുസരിച്ച് തന്നെ പറയുക ഇതൊക്കെ താർക്ക അംഗീകരിക്കുന്ന താർക്കം പറയുന്നു മനപരമാണുവിൽ നിന്ന് കാരിദ്രവ്യം ഉണ്ടാകുന്നില്ല മനസ്സ് പരമാണു ആണ് അതിൽ നിന്നൊരു കാര്യ ദുരീം ഉണ്ടാകുന്നില്ല എന്താ കാരണം അദ്ദേഹത്തി പറയുന്നത് സ്പർശം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ സ്പർശമില്ലാത്തതുകൊണ്ട് പരമാണു സ്പർശമില്ല അങ്ങനെയാണെങ്കിൽ ചോദിക്കാൻ തമസിൽ സ്പർശമുണ്ടോ ഇല്ല അപ്പൊ തമ പരമാണുവിൽ നിന്ന് ഈ കാണുന്ന തമസ് ഉണ്ടാകത്തില്ല അദ്വീതിയെ സംബന്ധിച്ച് എന്ത് വേണം തമസിന് പരമാണുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്പർശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് വേണം തമസ്സെന്ന് പറയുന്ന ദ്രവ്യം വേണം രൂപവും വേണം തമസ് വേണം രൂപം എന്തായാലും ഉണ്ട് രൂപമുണ്ടെന്നുള്ള കാര്യത്തിൽ താർക്കുന്ന അഭിപ്രായ വ്യത്യാസം ദ്രവ്യമാകണം തമസ്സൊരു അവയവദ്രവ്യമാകണം അത് അവയവ ദ്രവ്യമാണ് എന്തുകൊണ്ട് അല്ലെങ്കിൽ ലിത്യമാണ് ണെങ്കിൽ നിത്യമായി നശിക്കുന്നുണ്ട് അവൈവിധ്യം ഉണ്ടാവണമെങ്കിൽ എവിടെ നിന്ന് വരണം പരമാണുണ്ടാവണമെങ്കിൽ എന്ത് വേണം ആകെ കുലുമാനായി അതിന് സമാധാനം പറയുന്നു